ജാഗ്രസ്വപ്നുഷുപ്തിഷു സ്ഫുടതരായാദുജംബത്തെ പിലികുഷു പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ്തു പ്രജ്സ്തി ചോളോസ്തു ഹമ ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതവിദ്യയാണയാ ശേഷം മയാ ദൃഢാമതി സുഖദരെ നിത്യേപരെ നിലേ ചണ്ടാളോസ്തു സു ദ്വിജോസ്തു ഗുരുരിത് മീഷാ മമ ശന്നരമേ വിശ്വമി നിശ്ചിത്യചാ ഗുരു നിരന്തരം വിമൃശത നിന്ന ഭൂത भूतं भाविजदुष्कृतं സംവിന്മയേ പാവക पावके प्रारब्धाय समर्पितं മനീഷ മമ തിരഞ്ഞരേതാഹമിത്യന്താ ഗൃഹ്യത്തെ ഭാസാ ഹൃദയാക്ഷേഹവിഷയാ ഭാതി സ്വതോേത താ ഭാസ്യൈ പാർക്കൂർ സാധാ ഭയൻ യോഗീ നിവൃതമാനസോ ഹി ഗുരുത്യേഷ മനീഷ അധാതോ ബ്രഹ്മജിജ്ഞാസ വ്യാസഭഗവാൻ ബ്രഹ്മസൂത്രം ആരംഭിക്കുമ്പോ പറഞ്ഞു ഇനി നമുക്ക് ബ്രഹ്മത്തിനെ കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം അപ്പൊ ഇനി എന്നൊരു പദം എന്തിനാ വെച്ചത് അധാതോ ബ്രഹ്മജിജ്ഞാസ ഇതിനു ശേഷം ഏതിനു ശേഷം അതിനു മുമ്പും ചോദിക്കുന്നതും പറയുന്നതും കൊണ്ട് തെറ്റല്ല പക്ഷെ ഇതിനു ശേഷം പറഞ്ഞാൽ നല്ലവണ്ണം പ്രയോജനപ്പെട്ട് എളുപ്പത്തിൽ കാര്യം തെളിഞ്ഞു കിട്ടും ഏതിനു ശേഷം വിവേകം ആദ്യ ഉദിക്കണം വിവേകം എന്ന് വച്ചാൽ നിത്യ അനിത്യവസ്തുവിവേകം നിത്യമായ ശാശ്വതമായത് എന്താണ് നിശ്വരമായത് എന്താണ് പിരിച്ച് അറിയുമ്പോ പിന്നെയോ ശാശ്വതമല്ലാത്തതിനോട് വൈരാഗ്യം എന്ത് ശാശ്വതമല്ലയോ അതിനോടുള്ള അറ്റാച്ച്മെന്റ് പോകുന്നു അത് വൈരാഗ്യം ഇത് രണ്ടും മുഖ്യ സാധനം പിന്നെ ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം ത്വം ഇതൊക്കെ വരെ പിന്നാലെ വരുന്നു ശക്തസമ്പത്തി സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയും അതായത് ഈ നാലെണ്ണം മുഖ്യമായ വിവേകം വൈരാഗ്യം ശമാധിശക്തസമ്പത്തി മുമുക്ഷത്വം അപ്പൊ ഇതില് മുഖ്യമായ ഫസ്റ്റ് രണ്ട് പോയിന്റ് ആദ്യമായി വിവേകുദിക്കുന്നു വിവേക തന്നെ നിത്യമായത് നമ്മളെ ചതിക്കുന്നു എന്ന് മനസ്സിലാക്കാണ് എന്തിനെ തന്നെ എത്ര സുഖിപ്പിക്കുന്ന വസ്തുവാണെങ്കിലും കുറച്ചു കഴിയുമ്പോ അത് നമ്മളെ വിട്ടുപോകും അതിന് ആദിയുമുണ്ട് അന്തവും ഉണ്ട് ആദ്യന്തവത് അസജ്ഞാത്വ നിസ്സംഗോ വിചരേതിഹാഗവിതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയാണ് ശ്രുത്യാ യ യുക്ത്യാ സ്വാനുഭുക്ത്യാ ആഗ പ്രത്യക്ഷേണ അനുമാനേന ആഗമേന ആത്മ സംവിധ ആദ്യന്തവത് അസജ്ഞാത്വ നിസ്സംഗോ വിചരേതിഹവരോട് കൃഷ്ണന്റെ ഉപദേശമാണ് പ്രത്യക്ഷമായി പലതും കണ്ടുകണ്ടു പഠിക്കുക പിന്നെയോ ചിലതൊക്കെ ഊഹിച്ചു മനസ്സിലാക്കിക്കോളുക കണ്ടിട്ടില്ലെങ്കിൽ ഊഹിച്ച് മനസ്സ പ്രത്യക്ഷമായിട്ട് എന്ത് കാണുന്നു പലരും മരിക്കുന്നത് കാണുന്നു പല വസ്തുക്കളും നശിച്ചു പോകുന്നത് കാണുന്നു ഇത് വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ഒക്കെ സ്ഥിതി ഇത് എന്ന് ഊഹിച്ച് മനസ്സിലാക്കിക്കൊള്ളാം അപ്പൊ ഇങ്ങനെ നമ്മൾ പിടിച്ചിരിക്കുന്ന സകല വസ്തുക്കളും നശ്വരമാണെന്ന് കണ്ടാൽ അനശ്വരമായിട്ട് എന്താണ് ഉള്ളത് എന്ന് ചോദ്യോദിക്കും അപ്പൊ ആഗമേനെ അനശ്വരമായ വസ്തുവിനെ സ്വയം അനുഭവം വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെ പ്രമാണം എല്ലാം നശ്വരം നശ്വരം എന്ന് കണ്ടാൽ അവസാനം എന്താവും വലിയൊരു ഡിപ്രഷൻ വരും അല്ലെ ആ ഡിപ്രഷനാണ് വൈരാഗ്യം എല്ലാം അനിത്യമാണെന്ന് കാണുന്ന ബുദ്ധി വിവേകമുള്ള ബുദ്ധി തനിയെ കണ്ടെത്തും രാമൻ യോഗവാസിഷ്ടം അങ്ങനെയാണ് ആരംഭിക്കുന്നത് ശ്രീരാമന് പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ തീർത്ഥയാത്രക്ക് പറഞ്ഞയച്ചു തീർത്ഥയാത്ര കഴിഞ്ഞു വന്ന രാമന് ഇതുപോലെ ഒരു വൈഷമ്യസ്ഥിതി വിഷാദ സ്ഥിതി ലോകജീവിതമൊക്കെ കണ്ടു എല്ലാം നശിക്കുന്നു വലിയ വലിയ ചക്രവർത്തിമാർ അവരുടെ പദവികളൊക്കെ നഷ്ടപ്പെട്ട് തെരുവുതണ്ടികളായി നടക്കുന്നത് കണ്ടു വലിയ വലിയ സാമ്രാജ്യങ്ങൾ ക്ഷയിച്ചു വീഴുന്നത് കണ്ടു നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടുള്ള മനുഷ്യരെ ഒരു ദിവസം മരിച്ചു വീഴുന്നത് കണ്ടു സൗന്ദര്യവും ഒക്കെ നശിക്കുന്നത് കണ്ടു ഇനിയിപ്പോ എല്ലാം ഉള്ള മനുഷ്യരാണെങ്കിലും ഇതൊക്കെ രാമന്റെ തന്നെ വാക്കുകളാണ് എല്ലാം തികഞ്ഞു പണമുണ്ട് സൗന്ദര്യമുണ്ട് എല്ലാം സ്ഥാനമാനങ്ങളുണ്ട് അതിന്റെ നടുവിലിരിക്കുന്ന ആളുകളാണെങ്കിലും ആഗ്രഹം കൊണ്ട് പിശാസികളായിട്ട് നടക്കുകയാണെന്നാണ് അപ്പോഴും അവരോട്ട് ആ ഉള്ളതിൽ വെച്ച് സുഖമായിട്ട് ഇരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതിന്റെ നടുവിൽ തങ്ങളെക്കാളും കൂടുതലുള്ളവരെ കണ്ട് അസൂയപ്പെട്ട് ജീവിതം ദുരിതമാക്കി നടക്കുന്നതായിട്ടും കണ്ടു അപ്പോൾ രാമൻ തന്നോട് തന്നെ ചോദിച്ചു എന്താ ഇപ്പോൾ ഈ ജീവിതത്തിനൊരർത്ഥം ഒരർത്ഥം കാണാനില്ല അന്ന് മൊത്തത്തിൽ ഒരു ഭാരം ചുമക്കൽ ജരട രാമന്റെ വാക്കാണ് കിഴട്ട് കഴുതകൾ വെറും ബലമുള്ള കഴുതയാണെങ്കിൽ പിന്നെയും ചുമക്കാനെങ്കിലും കഴിയും ചുമക്കാനും വയ്യാത്ത സ്ഥിതി എത്തി പോകുന്നു ജരടകർദാഹ അപ്പൊ എന്താ ഈ ജീവിതത്തിനൊരു പ്രയോജനം എന്തിന് ജീവിക്കണു എന്താ ഒരു അർത്ഥമുള്ളത് ഈ ഇത്തരത്തിലുള്ള ഒരു ജീവിതം കൊണ്ട് എന്തർഥം ഈ ഒരു ചോദ്യം രാമന്റെ ഉള്ളിൽ ഉദിച്ചു അതോടുകൂടെ ഇങ്ങനെ വൈരാഗ്യം മാത്രമായിട്ട് വരികയാണെങ്കിൽ എന്താവും സ്ഥിതി അതിന് വൈരാഗ്യം ജ്ഞാനത്തിന് ഒരു ബലമാണ് പക്ഷെ വെറും വൈരാഗ്യമാണെങ്കിൽ ആകോപ്പാടെ ഡിപ്രഷനായി പോകും അല്ലേ ഒരർത്ഥം കാണാനല്ലേ ജീവിക്കുന്നതിന് എല്ലാം വിവേക ഉദിച്ചു വിവേകം കൊണ്ട് എല്ലായിടത്തും ദൂഷ്യം കണ്ടു സർവത്ര ദൂഷ്യം കണ്ട് വൈരാഗ്യം പൂർണമായി ഇനിയിപ്പെന്താ ചെയ്യാ ഒന്നിനോടും രുചിയില്ലാതായിട്ട് തീർന്നു ജീവിതം അങ്ങോട്ട് വരണ്ടുപോയി എല്ലാറ്റിനോടും വെറുപ്പം ഒന്നും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ രാമൻ ഇപ്പോ രാജ്യം വേണ്ട പെട്ടാഭിഷേകം വേണ്ട തന്റെ ചുമതല എന്താ അത് വഹിക്കാൻ തയ്യാറല്ല ആ ഘട്ടത്തിലാണ് വിശ്വാമിത്രൻ രാമനെ അടുത്ത് വിളിച്ച് കാര്യമന്വേഷിക്കുന്നത് രാമന്റെ സ്ഥിതി കണ്ടപ്പോ വിശ്വാമിത്രൻ പറഞ്ഞു ഈ യൗവനത്തിൽ തനിക്ക് ഇങ്ങനെ ഒരു വൈരാഗ്യം എല്ലാവരും യൗവനത്തിനെയാണ് പാടി ഈ യൗവനത്തിൽ എല്ലാം നശ്വരം നശ്വരം എന്ന് പറഞ്ഞിരുന്നാൽ എപ്പോഴാപ്പൊ ഈ ജീവിതം ഒന്ന് സുഖിക്കമചന്ദ്രൻ തന്നെ പറയാണ് യൗവനത്തിനെ മഹർഷിയെ അങ് പുകഴ്ത്തുന്നുവല്ലോ എനിക്കാണെങ്കിൽ ഇതുപോലെ സങ്കടമായൊരവസ്ഥയില്ല എന്നാണ് തേ ധന്യാഹ തേ മഹാത്മാനഹം തേവ പുരുഷാഭുവി ഏ സുഖേന സമുത്തീർണാഹ സാധോ യൗവന സങ്കടാത് എന്നാണ് ഈ യൗവനമാകുന്ന സങ്കട ദശയില് ആപത്തൊന്നും കൂടാതെ തരണം ചെയ്യുന്നവരാരണ്ടോ അവര് ധന്യന്മാര് അവര് മഹാത്മാക്കൾ അപ്പൊ ഈ യൗവനത്തിനെ പോലും പുകഴ്ത്തരുത് അതിലും എനിക്ക് രുചിയെറ്റി പോയിരിക്കുന്നു എല്ലാത്തിനും വൈരാഗ്യം ആ വൈരാഗ്യം കണ്ടപ്പോ വിശ്വാമിത്രൻ വസിഷ്ഠനെ വിളിച്ചു പറയുകയാണ് ഇപ്പൊ രാമന് തത്വോപദേശം ചെയ്താൽ ഫലിക്കും നിലം നല്ലവണ്ണം ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വിത്ത് വിതച്ചാൽ മുളയ്ക്കും ഇപ്പൊ വൈരാഗ്യമുണ്ട് വൈരാഗ്യമുള്ള സ്ഥലം ഇനി മനസ്സ് പുറത്തേക്ക് ചലിക്കില്ല വൈരാഗ്യം വന്നാൽ എന്തായി പുറമേക്ക് ചലിക്കുന്നത് അങ്ങോട്ട് നിർത്തിയിരിക്കുന്നു ഇനിയിപ്പോ എന്തു വേണം നിത്യം ബ്രഹ്മനിരന്തരം വിമർശത ആദ്യത്തെ പടി എന്താ ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം അതുവരെ വിവേകം കൊണ്ട് ഉണ്ടാവുന്നതാണ് വിവേകമുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഈ ശ്മശാന വൈരാഗ്യം എന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവര് മരിക്കുമ്പോ ശ്മശാനത്തിൽ പോകുമ്പോ ഒരു വൈരാഗ്യം ഉണ്ടാവും എത്രയോ ഉള്ളു ജീവിതം എന്ന് പറയും വന്ന് ശാപ്പാട് കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒക്കെ പോകും ആ വൈരാഗ്യം വന്ന സ്പീഡിൽ തന്നെ പോകും ഒക്കെ മറന്നുപോകും എത്ര മരണം കണ്ടു എന്തൊക്കെ കണ്ടു അതൊന്നും വൈരാഗ്യത്തിന് കാരണമാവുന്നേ ഇല്ല അല്ലേ അതാണ് അഹോ ബലീയസീ ജോഹോ ജീവിതാശാ യയാ ഭവാൻ ഭീമാപവർജിതം പിണ്ടമാതത്തെ ഗൃഹപാലവ ഭാഗവതത്തില് ധൃതരാഷ്ട്രരെ കണ്ട് വിതുരൻ ആശ്ചര്യപ്പെടുന്ന സന്ദർഭമാണ് നൂറു മക്കളും മരിച്ചു ബന്ധുക്കളൊക്കെ മരിച്ചു താൻ ആരെ ശത്രുക്കൾ എന്ന് കരുതിയിരുന്നു അവര് കൊടുക്കുന്ന ഭക്ഷവും ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഇരുന്നിട്ടും ഇയാൾക്ക് വൈരാഗ്യം വരണില്ല ധൃതരാഷ്ട്രർക്ക് കാരണം എന്താ വെറുതെ ദുഃഖമനുഭവിച്ചത് കൊണ്ട് മാത്രം വൈരാഗ്യം ഉണ്ടാവില്ല പിന്നെ വിവേകം വേണം വിവേകം കൂടിക്കലരുമ്പോഴാണ് വൈരാഗ്യം ഉണ്ടാവണത് വൈരാഗ്യം പോലെ സുഖകരമായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് വിവേക ചൂടാമണിയിൽ പറയണത് വൈരാഗ്യാന് പരം സുഖസം പശ്യാമി വശ്യാത്മന തച്ചേത് ശുദ്ധതരാത്മബോധസഹിത സ്വരാജ്യ സാമ്രാജ്യ ദുഃഖ് ഈ വൈരാഗ്യത്തിനോടുകൂടെ ആത്മബോധവും കൂടെ ചേർന്നാലോ സ്വാരാജ്യ സാമ്രാജ്യ ദുഃഖ് എന്നാണ് സ്വാരാജ്യ സാമ്രാജ്യത്തിനെ കൊടുക്കണം വിവേകം കൊണ്ട് ഉദിച്ച വൈരാഗ്യത്തിനോട് ആത്മബോധം കലരുമ്പോ അല്ലെങ്കിൽ വെറും വൈരാഗ്യം വെറുപ്പ് എന്ന് പേര് അങ്ങനെ വെറുപ്പ് മാത്രമാണെങ്കിൽ അത് ജീവിതത്തിന് തുലച്ചുകളും ഇരുട്ട് കയറും അപ്പോ വിവേകത്തോടുകൂടിയുള്ള വൈരാഗ്യം എന്താണ് ശാശ്വതമായത് എന്താണ് അശാശ്വതമായത് എന്ന് കണ്ടു മനസ്സിലാക്കുന്നു ആദിയിലും അന്തത്തിലും യാതൊന്ന് ഇല്ലാത്തതാണോ അത് മധ്യത്തിൽ കാണുന്നതാണെങ്കിലും വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ഇതാണ് ഋഷികളുടെ വിചാരം വിവേക പ്രക്രിയ ആദൌ അന്തേചയത് നാസ്തി വർത്തമാനേപി തഥ യാതൊന്ന് ആദ്യത്തിൽ ഇല്ലയോ അവസാനത്തിൽ ഇല്ലാതാവാൻ പോകുന്നുവോ അത് മധ്യകാലത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇല്ലാത്തതാണോ അതില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇല്ലാത്തൊരു കാലം വരാൻ പോണു നടുവിൽ ഒരു നാമരൂപ പ്രകടനം അത് വീണ്ടും ഇല്ലാതാവും കുമള സമുദ്രത്തിൽ പൊന്തിയിട്ട് കുറച്ചുനേരം കളിച്ചിട്ട് പൊട്ടിപ്പോകുന്ന പോലെ അതേപോലെ എല്ലാം ഈ കാണപ്പെടുന്ന സകല വസ്തുക്കളുടെയും സ്ഥിതി അവസാനം ഇതാണ് എന്താ ഇത് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇനിയും ഇല്ലാത്തൊരു കാലം വരാൻ പോകുന്നു നടുവില് കാണപ്പെടുന്നു നമ്മളുടെ ഒക്കെ ശരീരം അങ്ങനെയാണല്ലോ ഒരു ഏറ്റവും വയസ്സായ ആളെ ഇവിടെ കണക്കിലെടുത്താലോ ഒരു തൊണ്ണൂറ് വർഷം മുമ്പും ഇത് ഈ ശരീരം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് ഒരു മാക്സിമം ഒരു തൊണ്ണൂറ് വർഷം എടുത്തോളൂ ഏറ്റവും ചെറിയ കുട്ടിയെ അടക്കം കണക്കെടുത്താൽ അങ്ങോട്ട് നോക്കിയാലും ഇല്ല ഇങ്ങോട്ട് നോക്കിയാലും ഇല്ല നടുക്ക് ഈ ശരീരം കാണപ്പെടുന്നു നമുക്ക് വളരെ വാസ്തവം എന്ന് തോന്നുന്നു പക്ഷെ ഈ സ്വപ്നം അവസാനിക്കും ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു അവസാനിക്കുന്ന ഒരു കാലമുണ്ട് മധ്യത്തിൽ കാണപ്പെടുന്നു വാസ്തവമല്ല എന്നാണ് കള്ളമാണ് ശുദ്ധമേ കള്ളം പക്ഷെ അനുഭവിക്കുമ്പോ കള്ളം എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടില്ല എന്താന്ന് വെച്ചാൽ എന്റെ ജീവിതം ഞാൻ അനുഭവിക്കുന്നു അപ്പൊ ആദിയും അന്തവും ഉണ്ട് ശരീരം മുതലായിട്ടുള്ള സകല വസ്തുക്കളിലും മനസ്സിനുമുണ്ട് ശരീരത്തിനു മാത്രമല്ല മനസ്സിനുമുണ്ട് മനസ്സിനെ ഒന്നൊന്നായി വേർപിരിച്ചു നോക്കിയാൽ മനസ്സിൽ ഓരോ ചിത്തവൃത്തിയും ഓരോ വികാരവും തുടങ്ങിയ ഒരു കാലമുണ്ട് അതില്ലാതിരുന്ന ഒരു കാലമുണ്ട് സുഷുപ്തിയിൽ ഈ മനസ്സ് തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ തോന്നുന്നു അപ്പൊ ഈ മനസ്സും കള്ളമാണ് നോക്കണം ഡയറക്റ്റായിട്ടൊരു മാർഗമുണ്ട് നമുക്ക് ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ എന്താ രക്ഷപ്പെടാൻ മാർഗം ഒരു മാർഗം എന്താ നമ്മൾ സാധാരണ പതുക്കെ സാധന ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സിനെ അല്പ അല്പ അല്പമായി നിയന്ത്രിച്ച് ഏകാഗ്രപ്പെടുത്തി കുറച്ച് നിശ്ചലമാക്കും പിന്നെയും അത് ചലിക്കും നിശ്ചലമാക്കും പിന്നെയും അത് ചലിക്കും ഇതൊരു മാർഗം വേണമെങ്കിൽ ഈ മാർഗം തിരഞ്ഞെടുക്കാം വേറെയൊരു മാർഗം ഗൗഡപാദാചാര്യർ പറയണത് എന്താന്ന് വെച്ചാൽ സിനിമ കാണാൻ പോകുന്നു നമ്മള് സിനിമയിൽ രണ്ടാം ലോക മഹായുദ്ധം ബോംബ് വീഴുന്നതും ആളുകൾ മരിക്കുന്നതും എത്രയോ പേരുടെ മരണവും ദുഃഖവും മറ്റും ഒക്കെ കാണുന്നു കണ്ടാലും യാതൊരു കുഴപ്പമില്ല ഒരുപക്ഷെ അപ്പൊ ആ സമയത്ത് കുറച്ചൊക്കെ കരയോ മറ്റോ ചെയ്താൽ പോലും പിന്നെ അടുത്ത ദിവസവും പോകും ചിലരും അങ്ങനത്തെ ആളുകളുണ്ട് എന്താ അത് കള്ളമാണെന്ന് അറിയാം അതുകൊണ്ട് അതൊന്നും ഉള്ളിൽ സ്പർശിക്കണില്ല അല്ലേ അതേപോലെ മനസ്സ് എന്തു കോപ്രായം കാണിക്കട്ടെ എന്തൊക്കെ തന്നെ കാണിക്കട്ടെ ഈ മനസ്സ് കള്ളമാണ് എന്ന് അറിയുന്നത് ഡയറക്റ്റായിട്ടുള്ള മാർഗമാണ് അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് വിട്ടുനിന്നു ഈ മനസ്സ് ശുദ്ധമേ കള്ളമാണ് എന്ന് അങ്ങട്ട് തീരുമാനിച്ചാൽ അതിനെ വിശ്വസിക്കുന്നത് നിർത്തിയാൽ അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ച് നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അത് വാസ്തവമാണെന്ന് കരുതി അതിനെ ഷണ്ട ഒരുപാട് നിഴലിനോട് ശണ്ട പോലെ നമ്മൾ ശണ്ട ഡയറക്റ്റ് ആയിട്ടുള്ള മാർഗം എന്താ അതിൽ നിന്ന് ചാടുക ഇത് കള്ളമാണെന്ന് അറിയാം സ്വപ്നം കാണുമ്പോൾ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് അതേപോലെ ജാഗ്രതയില് നടക്കുന്ന ഒരു സ്വപ്നമാണ് ഇതേ ഉള്ളിൽ ഇങ്ങനെ സ്വപ്നം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് യുദ്ധം ചെയ്യുന്നു ഇത് കള്ളമാണ് എന്നങ്ങട് തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ എന്താവും തീരുമാനിച്ചാൽ അതിന് പ്രാമുഖ്യം കൊടുക്കുന്നത് നിർത്തും പ്രാമുഖ്യം കൊടുക്കുന്നത് നിർത്തിയാൽ തന്നെ പതുക്കെ പതുക്കെ അതിന് നമ്മളുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടും ബലം നഷ്ടപ്പെടും പതുക്കെ ചിത്തവൃത്തി നിരോധം ഉണ്ടാവും അതിന്റെ ചലനങ്ങൾ പതുക്കെ പതുക്കെ അടങ്ങി വരും അറിവുകൊണ്ട് തന്നെ ഈ കാര്യം നടക്കും പതുക്കെ അടങ്ങിപ്പെടും ഇതൊരു മാർഗമാണ് അപ്പൊ ആദ്യന്തവത് അസജ്ഞാത്വ ഭഗവാൻ പറയണത് ആദി അന്തം ഏതിനൊക്കെ ഉണ്ടോ അത് ശരീരമാവട്ടെ മനസ്സാവട്ടെ ബുദ്ധിയാവട്ടെ ഇതിനൊന്നിനെയും വിശ്വസിക്കരുത് എന്നാണ് ഇതൊക്കെ ആദിയും അന്തവും ഉള്ളതാണ് അതുകൊണ്ട് അസത് അസത്ത അപ്പൊ അസത് ജാത്വ നിസ്സംഗ എന്നാണ് ഇതിനോടൊന്നും സംഘമില്ല സംഘമില്ലെന്ന് വെച്ചാൽ അതിനൊന്നും ഉപയോഗിക്കുന്നില്ല എന്നല്ല അർത്ഥം അതിനൊന്നും വിശ്വസിക്കുന്നില്ല എന്നർത്ഥം അതായത് ഈ ശരീരം അസത്താണ് ഇത് ഉണ്ടായി നശിക്കാൻ പോകുന്നു അതുകൊണ്ട് എപ്പോഴും ഈ ശരീരം സുഖമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ലോകത്തില് ജീവിക്കണത് അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റിയാൽ നമ്മളുടെ വിശ്വാസം തകർന്ന് തരിപ്പണമായി അത്യന്തം ദുഃഖിക്കും അതേപോലെ മനസ്സ് മനസ്സ് എപ്പോഴും നല്ലവണ്ണം നമ്മൾക്ക് വശപ്പെട്ട് നിൽക്കും എന്ന് വിശ്വസിക്കുന്നു അത് വശപ്പെടാതെ ആവുമ്പോൾ ദുഃഖമാവുന്നു അതേപോലെ ബുദ്ധി ഒരു വയസ്സൊക്കെ ആവുമ്പോൾ ഓർമ്മ കിട്ടണില്ല പലതും മറന്നുപോകുന്നു എത്ര പഠിച്ച ആളാ ബുദ്ധിയിൽ ഒരുപാട് അഭിമാനം വെച്ച ആളുകളാണ് അവസാനമാകുമ്പോൾ ബുദ്ധി ചതിക്കുന്നു ഇതൊക്കെ അസത് മഹാപണ്ഡിതന്മാർക്ക് അവരുടെ പേരു പോലും മറന്നുപോയ കഥമുണ്ട് ഒരുപാട് എന്തിനു പറയുന്നു ഇന്ത്യയെ മുഴുവൻ ലോകത്തിനെ മുഴുവൻ പിടിച്ചു കുലിക്കിയ ഡോക്ടർ രാധാകൃഷ്ണൻ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ പേരും ഓർമ്മയില്ല എന്താ ബുദ്ധി ചതിച്ചു അപ്പൊ സകല ഉപാധികളും ചതിക്കും എന്താ അസത്ത് നാസത്തോ വിദ്യത്തെ ഭാവ ഭഗവാൻ നമ്മൾ കഴിഞ്ഞ വർഷത്തിനു മുമ്പിലത്തെ വർഷം ഭഗവത്ഗീതയിൽ കണ്ടതാണ് അസത്തിന് ഭാവമില്ല എന്നാണ് അതായത് അസത്വ ഉള്ള പോലെ തോന്നിയാലും യിരുന്നുവെങ്കിലും എന്നെങ്കിലും അത് ചതിക്കും അതുകൊണ്ടാ സഭ്യമായ ഭാഷയിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ചീത്ത പറയുമ്പോ അസഭ്യമല്ല സഭ്യമായിട്ട് കൾച്ചേർഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ചീത്ത പറയ അസത്ത് എന്ന് പറയും എന്നുവെച്ചാൽ അവന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നർത്ഥം മക്കളെയോ വേറെ കുട്ടികളെയോ ഒക്കെ ചീത്ത പറയണെങ്കിൽ വേറെ വാക്കൊക്കെ ഉപയോഗിക്കണേ വരെ അവൻ അസത്തണം അസത്തെന്ന് വെച്ചാൽ എന്താ അർത്ഥം ഇനി അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവനെ വിശ്വസിച്ചാൽ നമ്മളുടെ മനസ്സിന്റെ സമാധാനം പോകും എന്നർത്ഥം അസത്തിനെ എന്തുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല അതിന് ഒരു ആരംഭമുണ്ട് ഒരവസാനമുണ്ട് നാല് ദിവസം നല്ല ആളായിട്ടിരുന്നാലും വിശ്വസിക്കേണ്ട എപ്പോൾ വേണമെങ്കിൽ വഴിമാറും അസത്താണ് ആദ്യന്തവത് അസജ്ഞാത്വ ഏതിനാദ്യമുണ്ടോ അന്ധമുണ്ടോ അത് അസത്ത് അപ്പൊ എന്താ നാസത്തോ വിദ്യത്തെ ഭാവ അസത്ത് എന്ന് അറിയുന്നത് കൊണ്ട് ഇപ്പൊ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ അസത്തായിട്ടുള്ളതിനെ മുഴുവൻ നീക്കിയാൽ സത്ത് താനേ പ്രകാശിക്കും അതാണ് പ്രയോജനം അസത്തായിട്ട് മുഴ മുഴുവൻ നിങ്ങൾ പതുക്കെ ഒന്ന് നീക്കി നോക്കൂ അസത്തായതിനോടുള്ള പിടിയൊക്കെ ഉപേക്ഷിച്ച് നോക്കൂ സത്തിനെ പിടിക്കാൻ പറ്റില്ല കാരണം സത്തിനെ ആര് പിടിക്കും പിടിക്കാൻ ഇവിടെ ആരുണ്ട് ഒരു കൊടുകൊണ്ട് ബാക്കിയുള്ളതിനെ ഒക്കെ പിടിക്കാം അതിനെ തന്നെ പിടിക്കാൻ പറ്റുമോ നമ്മളല്ലാത്തതിനെ ഒക്കെ വിട്ടുകഴിഞ്ഞാൽ സത്ത് അഭാവോ വിദ്യത്തെ സതഹ സത്തിന് ഒരിക്കലും അഭാവമില്ല എന്നാണ് ഭഗവാന്റെ വാക്ക് ഈ വാക്ക് സത്യമാണെങ്കിൽ തന്നെ സത്തിനെ നമ്മൾ തെരയേണ്ട ആവശ്യമില്ല സത്തിനെ സാധന ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല സത്തിനെ ഒരു കർമ്മം കൊണ്ടും തൊടേണ്ട ആവശ്യമില്ല പക്ഷെ സത്ത് അനുഭവപ്പെടുന്നില്ലല്ലോ സത്ത് എന്ന് വെച്ചാൽ ഈശ്വരൻ ആത്മാ ബ്രഹ്മം അതിപ്പൊ അനുഭവപ്പെടുന്നില്ലല്ലോ എന്നാണ് നമ്മളുടെ കംപ്ലൈൻറ് അതിനാണ് ഭഗവാൻ പറഞ്ഞത് അസത്തിന് മുഴുവൻ പിടിവിടൂ പിടിവിട്ടുകഴിഞ്ഞാൽ ഒരു അനിർവചനീയമായ ഒരു നിർവൃത്തി ശാന്തി വരും ആ ശാന്തി എവിടെ നിന്ന് വന്നു എന്നുവെച്ചാൽ ഉള്ളുന്നു വന്നതാ ആ ശാന്തി പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല ശാന്തിയെ തടസ്സം ചെയ്തുകൊണ്ടിരുന്ന അസത്തുകളെയൊക്കെ അസത് പദാർത്ഥങ്ങളെ മുഴുവൻ നീക്കിയപ്പോ സത്ത് സ്വയം വിളങ്ങി ഉള്ളത് അപ്പൊ സത്തിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല സത്തിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല സത്തിനെ നേടാനും സാധ്യമല്ല പിന്നെ സത്തിനെ എങ്ങനെ സ്വന്തമാക്കും അസത്തിനെ ഉപേക്ഷിക്കലാണ് വഴി അസത്തിനെ മാറ്റി നിർത്തലാണ് വഴി അപ്പൊ അസത് പദാർത്ഥങ്ങളൊക്കെ അസത്പദാർത്ഥമാണെന്ന് അറിഞ്ഞാൽ സദ്വസ്തു സ്വയമേവ്വലിക്കും സത്പ്രത്യാഹ്യം നു വിഹായ സന്തം ഹൃദിയേഷ ചിന്താരഹിതോ ഹൃദാഖ്യ കഥം സ്മരാമഹത്തമേയമേകം തയ്യമതി തത്ര ദൃഢൈവ നിഷ്ഠാകണം സത്തിനെ എങ്ങനെ സ്മരിക്കും എന്ന് ചോദിച്ചതിന് രമണ മഹർഷിയുടെ ഉത്തരമാണ് തസ്യ സ്മൃതിഹി തത്ര ദൃഢൈവനിഷ്ഠ എന്നാണ് അസത്തിനെ മുഴുവൻ നീക്കി കഴിയുമ്പോ സത്ത് ഉള്ളിൽ സിദ്ധം അഹം അസ്മി ഞാൻ ഉണ്ട് ഒണ്ട് ഒണ്ട് ഉണ്ട് എന്നുള്ള അനുഭവമായിട്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് യാതൊന്നും സ്ഫുരിക്കുന്നുവോ അത് സത്താണ് അസത്തിനെ മാറ്റി നിർത്തുക സത്തിനെ ശ്രദ്ധിക്കുക സത്തിനെ സാധന ചെയ്യുകയല്ല സത്തിനെ ശ്രദ്ധിക്കുക ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം നതു സാധനാവാൻ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം യു ഹാവ് ടു ജസ്റ്റ് പേ അറ്റൻഷൻ അത്രയേ ഉള്ളൂ ശ്രദ്ധയെ സത്തിലേക്ക് വിടുക സത്ത് എവിടെ ഉണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതേ ഉള്ളു ബാക്കിയൊന്നും ഉറപ്പില്ല നിങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളെ കാണണം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം തൊട്ടുനോക്കണം ഏതെങ്കിലും വിധത്തിൽ ഇന്ദ്രിയത്തിന്റെ സഹായത്തോടു കൂടെ മാത്രമേ എനിക്ക് നിങ്ങളോ ഞാനല്ലാത്ത ഏത് വസ്തു അറിയാൻ നോക്കുകയുള്ളൂ എന്തിന് എന്റെ ശരീരം തന്നെ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ എനിക്ക് സെൻസേഷൻ ഉണ്ടാവണം കാലു മരത്ത് പോയിട്ട് ആളുകൾക്ക് കാലുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഒരു ആൾക്ക് കാല് ആംബ്യൂട്ടേറ്റ് ചെയ്തെടുത്തു കാല് മുറിച്ചെടുത്തിട്ട് അദ്ദേഹത്തിന് നല്ല വണ്ണം ഉത്സാഹിയായിട്ട് ഇരുന്ന ആളാണ് കാല് മുറിച്ചെടുത്ത് കുറച്ച് ദിവസം റെസ്റ്റാണ് ഒരു ദിവസം എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് കാലില്ല എന്നുള്ള ഓർമ്മയില്ല കോളിങ് മെല്ലടിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നടക്കാൻ പോയി അപ്പൊ വീണു ഇവിടെ എന്തു കാൽ ഉണ്ടോ ഇല്ല അദ്ദേഹം നമ്മളിപ്പൊ ഞാൻ ആണല്ലോ ഈ ശരീരത്തിന് പറയണത് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു അംഗം ഇല്ലെങ്കിൽ ഞാൻ ഒന്നിൽ അല്പം കുറയേണ്ടതാണല്ലോ ഞാൻ ഒരു കാൽ ഭാഗം ഞാൻ പോണ്ടേ മാത്രമല്ല ആ കാലില്ലാന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയേണ്ടതല്ലേ സ്വയം സംവേദ്യമാവേണ്ടതല്ലേ അതില്ല കാലില്ലാന്നൊന്നും അറിയണില്ല അത് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ സെൻസേഷൻ വെച്ചുകൊണ്ടാണ് ആ ഒരു ടച്ച് സെൻസ് വെച്ചുകൊണ്ടാണ് ഇല്ല എന്ന് പോലും പറഞ്ഞത് വേദനയ്ക്കാണെങ്കി അറിയും അപ്പോഴും സെൻസാണ് നോക്കണം അപ്പൊ ശരീരമേ നമുക്ക് ശരീരബോധമില്ല ആളുകൾക്ക് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് ശരീരബോധത്തിനെ എങ്ങനെ ഇല്ലാതാക്കും എന്നാണ് ശരീരബോധമേ നമുക്കില്ല ശരീര അഭിമാനമേ ഉള്ളൂ ശരീരബോധം ആർക്കും ഇല്ല ശരീരബോധം എന്ന് വെച്ചാൽ ഈ ശരീരത്തിന് എപ്പോഴും വിചാരിച്ചുകൊണ്ട് നടക്കണം ആരും അങ്ങനെ ചെയ്യണില്ല ഒന്ന് വേദനിച്ചാൽ അറിയും അല്ലെങ്കിൽ അതാരെങ്കിലും കണ്ട് നിങ്ങൾ വളരെ ഭംഗിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറിയും അഭിമാനം അഭിമാനവാണ് അല്ലാതെ ശരീരബോധമല്ല അതിന് സ്വയമേവോ ഉണ്ടെന്ന് പറയാനേ സാധ്യമല്ല കയ്യോ കാലോ ഒക്കെ തന്നെ ഇന്ദ്രിയങ്ങളെ വെച്ചുകൊണ്ടാണോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണത് നമ്മളുടെ ശരീരം തന്നെ ഒക്കെ വേറെ ഒന്നും നമ്മളെ സ്പർശിക്കണില്ല നമ്മൾ വെറുതെ ധരിക്കുകയാണ് ഇതൊക്കെ നമ്മളെ സ്പർശിക്കണുണ്ടോ എന്നും പിന്നെ ശരീരാഭിമാനത്തിനെ കളയാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയും ചെയ്യണോ ഇതൊക്കെ ഒരു അബദ്ധ ധാരണയാണ് കാർഡിയൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോ ഹൃദയത്തിനെ കുറച്ചുനേരം നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു ആള് മരിച്ചോ അദ്ദേഹത്തിനോട് ചോദിച്ചാ ഉറങ്ങിയ പോലെ ഉണ്ടായിരുന്നു എന്ന് പറയും അതൊക്കെ കഴിഞ്ഞ് ഇളക്കി വിടണം ഇപ്പൊ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരണമല്ല മരിച്ചപ്പോ ഹാർട്ട് നിന്നും എത്രയുള്ളൂ പോവാനായപ്പോ നിന്നു അപ്പൊ ഇളക്കി വിടുന്നു അപ്പൊ എന്തായി ഇതൊന്നും തന്നെ എന്നെ ഇല്ലാതാക്കണില്ല ഇതൊന്നും ഞാനുമായിട്ട് ഇതൊക്കെ ഞാൻ ഇരിക്കുന്ന ഒരു വീട് എത്രയുള്ളൂ ഈ ഈ ശരീരത്തിനെ ഉപയോഗിക്കുന്നു ഞാൻ അതിനകത്ത് ഇരിക്കുന്നു കൈ ഈ മൈക്കും വസ്ത്രവും പുസ്തകങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന പോലെ ഓരോ അംഗങ്ങളെയും ഉപയോഗിക്കുന്നു ഇതൊന്നും തന്നെ ഞാൻ ഉണ്ട് എന്ന് സ്വയമേവ പറയില്ല ഈ കൈ മുറിഞ്ഞവിടെ വീണാൽ നമുക്ക് പരിചയമുള്ള ഒരാളുടെ കൈ മുറിഞ്ഞു വീണു അദ്ദേഹം ആ കൈ എടുത്തുകൊണ്ട് പോയി ആസ്പത്രി കൊണ്ട് കൊടുത്തു തുന്നി ചേർക്കാനായിട്ട് വലിയ മെഷീൻ വെട്ടി ചുവട്ടിലിട്ടതാ എന്തോ ഒരു മെഷീനിൽ ജോലി ചെയ്യുന്ന ആളാ ആ കൈ ഞാൻ ഇന്ന ആളുടെ കൈയാണെന്ന് പറയോ അല്ലെങ്കിൽ ആ കൈ നുള്ളിയാൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത ശേഷം അത് നുള്ളിയാൽ വേദനിക്കുവോ വ്യക്തിത്വം വലതും ഉണ്ടോ അതിന് ഒരു അംഗത്തിനെയും വേർപേരായി പിരിച്ചെടുത്താൽ അതിനൊന്നും വ്യക്തിത്വമില്ല ഇനി അംഗം കൂടെ കൂട്ടിച്ചേർത്താനും വ്യക്തിത്വം അങ്ങനെയാണെങ്കിൽ ശവം പറയേണ്ടതാണല്ലോ അപ്പൊ ഈ ഈ ശരീരം ല്ല ഈ ശരീരത്തിന് ഞാൻ ഉണ്ട് എന്ന് പറയാനും കഴിയില്ല പിന്നെയോ മറ്റെന്തോ ഒന്നാണ് അകത്ത് നിന്ന് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് പറയുന്നത് അപ്പോ ഈ ഞാൻ എന്ന് പറയുന്നത് യാതൊന്നും ഉണ്ടോ അത് സ്വയമേവ പൂർണമാണ് സ്വയമേവ സ്വയം പ്രകാശ വസ്തുവാണ് ആ ഞാൻ ഉണ്ട് എന്ന് പറയാൻ മറ്റൊരാൾ വേണ്ട ആചാര്യസ്വാമികൾ ആത്മബോധത്തില് ഒരു വിളക്കിനെ ഉദാഹരണമായി വെച്ചുകൊണ്ട് ഇതിനെ പറയുന്നു ഒരു വിളക്കുണ്ടോ എന്നറിയാൻ ഇനി ഒരു വിളക്ക് വേണോ ഒരു വിളക്ക് കൊളുത്തി വെച്ചു വിളക്ക് കൊളുത്തിയോ നോക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ടോർച്ച് എടുത്തോണ്ട് പോവുമോ ആ വിളക്ക് സ്വയമേവ വിളക്കുന്നു അല്ലേ ഈ വിളക്ക് വാക്ക് തമിഴ്ന്നാണ് വന്നത് തമിഴില് വിളക്ക് വിളക്കരുത് എവിടുന്നു ചെന്നാ എന്ന അർത്ഥം ടു റിവീൽ ടു കമെന്റ് ടു ഗിവ് മീനിങ് മലയാളം വളരെ കൊ ചെറിയ ഭാഷയാണല്ലോ ഇപ്പൊ വന്നതാണ് അടുത്ത കാലത്ത് അധികം വാക്കുകളും തമിഴാണ് വിളക്കുക എന്ന് വെച്ചാൽ പ്രകാശിപ്പിക്കുക എന്ന് അർത്ഥം അത് സെൽഫ് ഇഫൾജന്റ് സ്വയം പ്രകാശമാണ് അതിനെ മറ്റൊരു പദം മറ്റൊന്നും വേണ്ട അതിന് സ്വബോധേ അന്യബോധ ബോധരൂപതയാ ആത്മനഹ ദീപസ് അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനെ ഒരു വിളക്കിന് അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വിളക്ക് വേണ്ടാത്തതുപോലെ ബോധത്തിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ബോധം വേണ്ട അത് സ്വയം ബോധമാണ് സ്വപ്രകാശം ആണ് അപ്പൊ നബോധസ് അന്യബോധേ ഞാനുണ്ട് എന്നറിയാൻ മറ്റാരുടെയും സഹായം വേണ്ട മറ്റാരും പറയേണ്ട ആവശ്യമില്ല സിദ്ധിച്ചിരിക്കും ഇപ്പൊ വേണ്ടതെന്താ അതല്ലാത്തതിനെയൊക്കെ മാറ്റാം ബ്രഹ്മസൂത്രം ആദ്യത്തെ പേജ് ഉപോദ്ഘാത ഭാഷ്യം അധ്യാസഭാഷ്യം അവിടെ തന്നെ ശങ്കരാചാര്യർ ഇത് മുഴുവൻ പറഞ്ഞു ശങ്കരാചാര്യർ പറഞ്ഞു ഇരുട്ടും വെളിച്ചവും കൂടെ കൂടിക്കലരോ എന്നു വെച്ചാൽ സാധാരണയായിട്ട് കലരില്ല പക്ഷെ ഇവിടെ കലർന്നു പോയിരിക്കുന്നു എന്താണ് സത്തും അസത്തും കൂടെ കൂടിക്കൊഴഞ്ഞ ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ സത്ത് എന്താണ് ഞാൻ ഉണ്ട് എന്നുള്ളതും അസത്യെന്താണ് ഈ ഞാനല്ലാത്ത മറ്റുള്ളതൊക്കെ മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങള് എല്ലാം ഇത് രണ്ടും കൂടെ കൂടിക്കലങ്ങി സത്തിന്റെ സ്വഭാവത്തിനെ അസത്തിന് കൊടുത്തിരിക്കുന്നു അസത്തിന്റെ സ്വഭാവത്തിനെ സത്തിലേറ്റുവാങ്ങിയിരിക്കുന്നു അപ്പോ തമഃപ്രകാശവത് വിരുദ്ധസ്വഭാവയോഹോ എന്നാണ് ഇത് രണ്ടും തമഃപ്രകാശം പോലെയാണ് എന്താ ഈ രണ്ടെണ്ണം യുഷ്മദ് അസ്മത് പ്രത്യയോഹോ യുഷ്മദ് അസ്മത് പ്രത്യഗോചരയോ വിഷയവിഷയണോഹോ തമഃപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ എന്നാണ് യുഷ്മദ് അസ്മത് യുഷ്മെന്ന് വെച്ചാൽ നീ ഞാൻ എന്ന് രണ്ടെണ്ണം ഇതിൽ ഞാൻ എന്നുള്ളത് പ്രകാശം നീ എന്നുള്ളത് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ അല്ലാത്ത എല്ലാ പദാർത്ഥവും അതിനെ അറിയണമെങ്കിൽ എനിക്ക് ഇന്ദ്രിയമോ മനസ്സോ എന്തെങ്കിലുമൊക്കെ വേണം അല്ലാതെ ഞാൻ അല്ലാത്തതിനെ ഒന്നിനെയും എനിക്ക് അറിയാൻ പറ്റില്ല ഈശ്വരന് അടക്കം ഞാനുണ്ട് എന്നുള്ളത് മാത്രം സ്വസംവേദ്യമാണ് സ്വയം അറിയപ്പെടുന്നു അത് പ്രകാശസ്വരൂപമാണ് ആചാര്യസ്വാമികൾ അവിടെ പറയുന്നു ആത്മ അത്യന്തം അസിദ്ധമാണെങ്കിൽ അതിനെ എങ്ങനെ തരയും എല്ലാവരും അതാണ് ആളുകൾക്ക് ഈ പഠിക്കുന്നത് കൊണ്ടൊരു കുഴപ്പമേ ബൈഹാർട്ടൊക്കെ ചെയ്ത് ഈ വേദാന്തമൊക്കെ ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ഒരു രക്ഷയില്ല എന്താന്ന് വെച്ചാൽ റെഡിമെയ്ഡ് ആൻസറാണ് മനസ്സിങ്ങനെ തുരിതുരു ദുരിദുരു പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോൾ അവർ കേൾക്കുകയേ ഇല്ല ഈ പറയണ കാര്യം അവർ ഉള്ളിൽ എന്തായി ഞാൻ എന്ന് പറയണത് ശ്രദ്ധിക്കൂ ആത്മ എന്ന് പറയും അത് ശ്രദ്ധിക്കൂ അത് തന്നെ ബ്രഹ്മം എന്തെങ്കിലുമൊക്കെ പടക്കം പടക്കം എന്ന് പറഞ്ഞു കളയോ ഇനി അവരെ മനസ്സിലാക്കിപ്പിക്കാനേ സാധ്യമല്ല അവർ റെഡിമെയ്ഡായിട്ട് വാക്കുകൾ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുക ഏ മേത്തൊരു ഈച്ച ഇരിക്കണു ശ്രദ്ധിക്കൂന്ന് പറഞ്ഞാൽ ഈച്ചയെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണോ ചെയ്യാ അല്ല ശ്രദ്ധിക്കുവോ ശ്രദ്ധയാണോ വേണ്ടത് അല്ലെ ആ ശ്രദ്ധ എപ്പോ വരും അതുകൊണ്ടാണ് വേദാന്തം ശ്രവണം എന്നുള്ളത് വളരെ പ്രധാനം എങ്ങനെ ശ്രവിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ല അതുകൊണ്ടാണ് ഈ എഴുതിയെടുക്കരുത് ബൈഹാർട്ട് ചെയ്യരുത് എന്ന് പറയണത് എന്താന്ന് വെച്ചാൽ നമ്മള് എഴുതി ബുദ്ധി കൊണ്ടാണ് പഠിക്കണത് വേദാന്തം ബുദ്ധി കൊണ്ടല്ല പഠിക്കേണ്ടത് ഹൃദയം കൊണ്ട് തേനേ ബ്രഹ്മഹൃദായ ആദികവയ്യെ ഈ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചിലരൊക്കെ ഊണ് കഴിക്കും ഓഫീസിൽ വന്നിട്ട് തിരക്കിട്ട് വന്നിട്ട് ഫയൊക്കെ മുമ്പിൽ ഇങ്ങനെ വെച്ചോണ്ട് എന്തോ കണക്ക് വലിയ ടെൻഷനോടുകൂടെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കും ഇതൊക്കെ കഴിച്ച് വേറെ നിറച്ച് കഴിഞ്ഞിട്ട് പായസം എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കും ഭാര്യ പായസം കഴിച്ചു ഞാൻ എനിക്കൊന്നും അറിഞ്ഞില്ലല്ലോ അയ്യോ ഇന്നപ്പോ ഒരു ഗ്ലാസ് കൂടെ കഴിക്കുന്നു വേറെന്നറിഞ്ഞു ഇനി രുചിയോടെ കഴിക്കാൻ പറ്റില്ല ഇപ്പൊ എന്തായി അൺകോൺഷ്യസായിട്ട് മധുരമായിട്ടുള്ളതിനൊക്കെ തിന്നു വേറെ അറച്ചു ഇനിയിപ്പോൾ കോൺഷ്യസായിട്ട് അത് രുചിച്ച് കഴിക്കാന്ന് വെച്ചാൽ ഒട്ട് സാധ്യമല്ലാതാണ് അപ്പൊ എന്ത് വേണം ആ ഫയലൊക്കെ അവിടെ മാറ്റി വെച്ചാൽ ആദ്യമേ കഴിക്കുമ്പോൾ തന്നെ രുചിയോടെ കഴിക്കണം അല്ലേ എന്നാലേ ശരിയാവുള്ളൂ അതുപോലെ ഈ വേദാന്തം ഇന്റലക്ച്വൽ ആയിട്ട് ആദ്യം ഉള്ളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വയറ് നിറഞ്ഞുകളയും പിന്നീട് രുചിച്ചത് കേൾക്കാനും പറ്റില്ല രുചിച്ചത് കഴിക്കാനും പറ്റില്ല അനുഭവിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് മനസ്സിലാക്കിയിട്ട് പിന്നെ അനുഭവിക്കാന്ന് വെച്ചാൽ നടക്കില്ല ഇത് എന്താ പറയാ പ്രാക്ടിക്കൽ വേറെ തിയറി വേറെ എന്നൊരു സമ്പ്രദായം ഇവിടെ ഇല്ല അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യന്തം തെറ്റിപ്പോയി ഇവിടെ ഒരു സമ്പ്രദായമേ ഉള്ളൂ അതോടാ അതുകൊണ്ടാ പലപ്പോഴും പറയുക നിങ്ങൾ കേട്ടിട്ട് മറന്നിട്ട് പോകൂ മനസ്സിലായിട്ടില്ലെങ്കി വേണ്ട അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോ ചിലപ്പോ തെളിഞ്ഞു വരും തെളിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെയും ആവട്ടെ മറന്നിട്ട് പോകും ഒന്നും ഡു നോട്ട് സ്റ്റോർ എനിത്തിങ് ബ്രെയിനിൽ വെക്കേണ്ട ബ്രെയിനിൽ വെച്ചാൽ അത്യന്തം കുഴപ്പമാ പിന്നെ എന്താവും വെച്ചാൽ ചിലരൊക്കെ ഉണ്ട് ബ്രെയിനിൽ നല്ല വളരെ ഇന്റലക്ച്വൽ ആണ് അവര് അവർക്ക് ഞാൻ അടുത്തത് എന്താ പറയാൻ പോവാന്നൊക്കെ അറിയും അതുകൊണ്ട് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും അവർക്ക് ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം എന്നിട്ട് എന്തു പ്രയോജനം മുഴുവൻ റെഡിയാണ് ബ്രെയിൻ ഫുള്ളാണ് പിന്നെന്താവും ഒക്കെ മെക്കാനിക്കലായി പോകും ജഡമായി പോകും അതുകൊണ്ടാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത്യന്തം നല്ലത് കേൾക്കുമ്പോ അനുഭവപ്പെടണം അനുഭവപ്പെട്ടിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അനുഭവത്തോടുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താവും പിന്നീട് ഓരോരിക്കും കേൾക്കുമ്പോഴും എക്സ്പീരിയൻസ് ഡിപ്പൻസ് അനുഭവം ആഴം അനുഭവം അവഗാഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതില് അതുകൊണ്ടാണ് വേദാന്തത്തിന് അവഗതി അവഗാഹം എന്ന് പറയണത് റിയുക എന്നല്ല അവഗതി എന്നാണ് അവഗാഹം അതായത് ആഴ്ന്നു പോവുക എക്സ്പീരിയൻഷ്യലി യു അണ്ടർസ്റ്റാൻഡ് യു ഇമ്പ് അപ്പോ കേൾക്കുമ്പോ തന്നെ ശ്രവണ സമയത്ത് രുചിച്ചുകൊണ്ട് ശ്രവിക്കുകയാണെങ്കിൽ ആ ശ്രവണം ശ്രവിക്കുമ്പോ തന്നെ അനുഭവം അല്ലാതെ ശ്രവിച്ച ശേഷം വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യലല്ല ഹോംവർക്ക് ചെയ്ത് പ്രയോജനപ്പെടില്ല ഹോംവർക്ക് ചെയ്താൽ അപ്പൊ ശ്രവണം മനനം നിധിധ്യാസനം എന്ന് പറയുന്നുണ്ടല്ലോ അതെന്താണോന്ന് നമുക്ക് സംശയം വരും അത് എന്താന്ന് വെച്ചാൽ ഈ കേൾക്കുമ്പോഴേ നമ്മൾ അനുഭൂതിയോടുകൂടെ കേൾക്കുകയാണെങ്കിൽ യു ക്യാൻ റീകളക്ട് ദാറ്റ് എക്സ്പീരിയൻസ് അനുഭൂതിയെ മനനം ചെയ്യാം അല്ലാതെ പഠിപ്പിച്ചതിന് മനനം ചെയ്യലല്ല അനുഭൂതിയെ മനനം ചെയ്ത് അനുഭൂതി വിട്ടുപോകാതെ നിൽക്കുന്ന സ്ഥിതിയാണ് നിധിധ്യാസനം അനുഭൂതിയെയാണോ മനനം ചെയ്യേണ്ടത് അല്ലാതെ വേർഡ്സ് അല്ല അതിന്റെ ഏപ്പർ കോർഡറിലും കിട്ടുമല്ലോ അതിന് നമുക്ക് എന്തിനും ഈ പ്രഭാഷണമൊക്കെ വെറും പഠിക്കാനാണെങ്കിൽ ഒരേ ഒരു ക്ലാസ് പഠിച്ചു വെച്ചോളാം ഒരേ കാര്യമേ പറയുന്നുള്ളൂ പാലക്കാട് എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ പ്രഭാഷണം നടക്കുന്നു പതിമൂന്ന് വർഷമായി ഒരേ കാര്യം തന്നെ അന്നുമുതൽ കേൾക്കുന്ന ആളുകളും ഉണ്ടോ ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടാൻ പോണെന്ന് ധരിക്കുന്നവര് വരിക വേണ്ടാണ് കാരണം ഒന്നും കിട്ടാൻ പോണില്ല പുതിയതായിട്ട് പുതിയതായിട്ട് ഒന്നും കിട്ടാനില്ല ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ് സിദ്ധമായിട്ടുള്ള കാര്യമാണ് സിദ്ധമായ പൊരുളിനെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം ഉള്ളൂ അതാണ് ശ്രവണം കൊണ്ടോ ഉണ്ടാവുന്നത് അപ്പൊ ശ്രവിക്കുമ്പോ യു സീഇ ശ്രവിക്കുന്ന സമയത്ത് അതിങ്ങനെ കാണുന്നു അഹം അസ്മി അഹം അസ്മി സത്താണ് അഹമസ്മി എന്നുള്ളത് അല്ലാതെ ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അസത്താണ് സത്ത് അഹമസ്മി എന്നും പ്രകാശിക്കുന്നു അസത്ത് ഇല്ല എന്നുള്ള അനുഭവമാണ് ഒന്ന് അസ്മി മറ്റേത് അതിനൊന്നും സ്വയം അഹമസ്മി എന്നുള്ള അനുഭവം അപ്പോ ശശ്വത് നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ വിശ്വം എന്ന് വച്ചാൽ നമ്മളുടെ അനുഭവമണ്ഡലം അനുഭവമണ്ഡലത്തിൽ ഞാൻ അല്ലാതെ നിൽക്കുന്ന വസ്തുക്കളെയാണ് ഇവിടെ വിശ്വം എന്ന് പറഞ്ഞത് അതായത് ഞാൻ അനുഭവിക്കുന്നു അതിനെയൊക്കെ പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ആ വസ്തുക്കളെയൊക്കെ അനുഭവിക്കുന്ന എന്നിൽ നിന്നും വ്യത്യാസമാണ് അതൊക്കെ തന്നെ നശ്വരമേവ് അതൊക്കെ എന്റെ അനുഭവ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്റെ അനുഭവമണ്ഡലത്തിൽ ശരീരമടക്കമുള്ള സകല പദാർത്ഥങ്ങളും ഒരിക്കൽ ആവിർഭവിക്കുകയും മറ്റൊരു കാലത്ത് തിരോഭവിക്കുകയും ചെയ്യുന്നു ദിവസവും ഉണ്ടാവുന്നു രാത്രി ഉറക്കത്തിൽ ശരീരം മനസ്സ് ബുദ്ധി ഒക്കെ തിരോഭവിക്കും ജാഗ്രതത്തിൽ വീണ്ടും പൊന്തി അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ജാഗ്രത അവസ്ഥയിൽ ആവിർഭവിക്കുകയും സുഷുപ്തി അവസ്ഥയിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു ഇതേപോലെ മരണത്തിൽ തിരോഭവിക്കും ഈ ശരീരം അടക്കം അപ്പോ ഈ ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്ന സാധനങ്ങളൊന്നും ഞാനല്ല അതൊക്കെ നശ്വരമേവ അതിനെയാണ് വിശ്വമെന്ന് പറഞ്ഞത് അല്ലാതെ വിശ്വം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലോകം എന്നൊക്കെ ധരിച്ചാൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ശശ്വൻ നശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യ നല്ല വണ്ണം ദൃഢമായ കൺവിക്ഷനോടുകൂടെ ഇനി എന്തുവേണം വാചാ ഗുരോഹോ ഗുരുവിന്റെ വാക്ക് ഗുരുവിന്റെ വാക്ക് എന്ന് വെച്ചാൽ എന്താ ഗുരു എന്തു പറയും തത്വമസി അത്രേ ഉള്ളൂ ഗുരു ചെയ്യുന്നത് എന്താ ഇതൊക്കെ നശ്വരമാണെന്ന് കണ്ടപ്പോ ഗുരു എന്ത് കാണിച്ചു കൊടുത്തു അനശ്വരമായ പദാർത്ഥത്തിന് നേരെ കൈ ചൂണ്ടി ഗുരുവിന്റെ വാക്ക് അവിടെയാണ് പ്രമാണം ഗുരുവിന്റെ വാക്ക് എന്ത് കാണിച്ചു തന്നു എല്ലാം നശ്വരമാണ് അപ്പോൾ ഗുരു ചോദിക്കും എല്ലാം നശ്വരമാണെന്ന് കണ്ടെത്തിയ ആളാരാ എല്ലാം നശ്വരം എന്ന ആരുടെ അറിവിലാണ് ഉദിച്ചത് ഏത് അധിഷ്ഠാനത്തിലാണ് ഈ നശ്വരമായ പദാർത്ഥങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ ഉണ്ട് എന്ന അനുഭവമണ്ഡലത്തിൽ ഞാനല്ലാത്തതായ സകല നാമരൂപങ്ങളും ആവിർഭവിക്കുന്നു നിൽക്കുന്നു മറഞ്ഞു ഇതിന് അധിഷ്ഠാനമായ യഥാർത്ഥ ജ്ഞാൻ ആവിർഭവിക്കുന്നുമില്ല തിരോഭവിക്കുന്നുമില്ല ശദാശാശ്വതമായി നിശ്ചലമായി ഒരു ചലനമില്ലാതെ നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന നിത്യവസ്തുമായി ചലിക്കാത്തതായി ശാന്തിയെ സ്വരൂപമായി നിർവികാരമായി അത് അധിഷ്ഠാനം എപ്പോഴും ഒരേ പോലെ നിൽക്കുന്നു അതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു ആ ബ്രഹ്മത്തിനെ ഗുരു ചൂണ്ടിക്കാണിച്ചു ഗുരോറുവാച നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത നിരന്തരം ബ്രഹ്മ നിരന്തരം ബ്രഹ്മ അന്തരം എന്ന് ദാറ്റ് വിച്ച് ഹാസ് എൻ ഇന്റർവൽ ബ്രഹ്മത്തിന് മാത്രം ഒരു വിച്ഛിത്തി ഇല്ല ദർ ഇസ് നോ ഇന്ററപ്ഷൻ ഇൻ കോൺഷ്യസ്നസ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതിയിൽ വിച്ഛിത്തിയേ ഇല്ല ബാക്കിയൊക്കെ വിച്ഛിത്തിയുണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തിയിൽ വിച്ഛിത്തിയുണ്ട് അത് വിച്ഛിത്തി എന്ന് വെച്ചാൽ എന്താ ഒരു ഒരു ഗ്യാപ്പുണ്ട് ഒരു ബ്രേക്ക് ഉണ്ട് ജാഗ്രത് കഴിഞ്ഞ് സ്വപ്നം സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തി സുഷുപ്തി കഴിഞ്ഞാൽ സ്വപ്നം ജാഗ്രത് വിച്ഛിത്തിയുണ്ട് ഈ വ്യക്തിത്വത്തിൽ വിച്ഛിത്തിയുണ്ട് ഇപ്പൊ നിങ്ങളോട് പ്രഭാഷണം ചെയ്യുന്ന ഈ വ്യക്തി സുഷുപ്തിയിലില്ല ഇപ്പൊ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഈ ഞാൻ എന്നുള്ള വ്യക്തി സുഷുപ്തിയിലില്ല അഹങ്കാരത്തിന് വിചിത്തിയുണ്ട് പക്ഷെ യഥാർത്ഥമായ അധിഷ്ഠാനത്തിന് ഇതിനും ബേസ് ആയിട്ട് ഇരിക്കുന്ന തലം ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് അവിച്ചിന്നായിട്ട് തുടരുന്നു അവിച്ചിന്നമായിട്ട് തുടരുന്നു ആ ഭൂമിക ആ അവിഛിന്നമായ ആ ഭൂമിക അതിനാണ് നിരന്തരം എന്ന് പറയുന്നത് നിരന്തരം അന്തരം വിന അന്തരം എന്ന് വച്ചാൽ തടസ്സം തടസ്സമില്ലാതെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അതാണ് ഞാൻ എന്ന് കണ്ടാൽ നമ്മളുടെ അനുഭൂതിക്കും ഇനി തടസ്സമില്ല അതാണ് ഞാൻ എന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അനുഭൂതി ഇനി വരുകയും പോവുകയും ചെയ്യില്ല എന്റെ അനുഭൂതി ഇനി ആവിർഭവിക്കുകയോ തിരോഭവിക്കുകയോ ചെയ്യില്ല എന്റെ അനുഭൂതി ഇനി സാധന കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അവിടെ കർത്തൃത്വം നിശേഷം അസ്തമിച്ചു നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത വിമർശനം ചെയ്യുന്നു വിമർശനം ചെയ്യാന്ന് വച്ചാലോ അതിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു യു റെക്കഗ്നൈസ് ഇറ്റ് ത്രൂ ഇറ്റ്സെൽഫ് വേറെ ഒന്നിന്റെ സഹായം കൊണ്ടല്ല അതിനെ അതുകൊണ്ട് തന്നെ കാണുന്നു അപ്പോഴോ നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത നിർവ്യാജാന്താത്മന അപ്പോ ഒരു ശാന്തി ആവിർഭവിക്കും ആ ശാന്തി നിർവ്യാജ ശാന്തി എന്നാണ് വ്യാജശാന്തി എന്നൊന്നും ഉണ്ടോ എല്ലാത്തിലും വ്യാജം ഇപ്പൊ വേദാന്തത്തിലും വ്യാജമുണ്ടോ വ്യാജം അപ്പൊ എന്താ വ്യാജം നിർവ്യാജശാന്തി ആചാര്യർ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ വ്യാജശാന്തി എന്താന്ന് വെച്ചാൽ സത്സംഗത്തിലിരിക്കുമ്പോൾ മനസ്സല്പോ ഏകാഗ്രപ്പെടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധന ചെയ്യുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിറ്റേഷൻ ക്ലാസ് ആറുമാസം കൊണ്ട് അല്ലെങ്കിൽ ആറുമാസം അല്ല ഒരാഴ്ച കൊണ്ട് യു വിൽ ബി ടേക്കൺ ടു ഹൈറ്റ്സ് ആ സമയത്ത് ഒരു ശാന്തി ഉണ്ടാവും ഒരു ആനന്ദമുണ്ടാവും കിട്ടീന്ന് തോന്നും അപ്പോ അത് എങ്ങനെ കിട്ടിയോ അതേപോലെ പോകും ഇതിനാണ് വ്യാജശാന്തി എന്ന് പറയുന്നത് വ്യാജശാന്തി എന്തുകൊണ്ട് വ്യാജശാന്തി വാസനയൊന്നും ചയിച്ചില്ല അധിഷ്ഠാനത്തിനെ കണ്ടില്ല മനസ്സ് ഏകാഗ്രപ്പെട്ടി ചിത്തവൃത്തി കുറഞ്ഞപ്പോ തൽക്കാലത്തേക്ക് ആവിർഭവിച്ചതാണത് അത് നിൽക്കില്ല അതുകൊണ്ട് അതിന് വ്യാജം എന്ന് പറഞ്ഞു എന്താ അതിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് മേപ്പെട്ടു പോയി ചുവട്ടിലേക്ക് വരുന്നു ആ അനുഭവിച്ച പോലെ തന്നെ തിരോഭവിക്കും ആവിർഭവിക്ക ആവിർഭാവവും തിരോഭാവവും ഉള്ളത് കൊണ്ട് വ്യാജശാന്തി വ്യാജമല്ലാത്ത ശാന്തി അപ്പൊ ആവിർഭവിക്കും വാസനകൾ ക്ഷയിച്ച് അധിഷ്ഠാനം തെളിയുമ്പോ നിർവ്യാജ ശാന്താത്മന ആ ശാന്തമായ സ്ഥിതി കൊണ്ട് ആ അധിഷ്ഠാനത്തിനെ മറന്നുകളയാതെ നിക്കുക ബാക്കിയൊക്കെ ആവിർഭവിക്കും പിന്നെയും ആ അധിഷ്ഠാനം കണ്ടാൽ പോലും പിന്നെയും മനസ്സിന് ചാപല്യം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഒരു ഇരുട്ട് വന്ന് കയറും അനുഭവ മണ്ഡലത്തിൽ ആ ഇരുട്ട് എന്താണ് കാരണശരീരത്തിന്റെ ആവിർഭാവമാണ് ആ ഗ്രൗണ്ടിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ പോലും ആ ഗ്രൗണ്ടിന്റെ മേലെ ഇടയ്ക്ക് ഒരു നിഴല് പടരും ആ പടരുന്ന നിഴല് കാരണശരീരത്തിന്റെ ആവിർഭാവമാണ് അതായത് സഞ്ചിതകർമ്മം സഞ്ചിതകർമ്മമാണ് ആ നിഴല് സഞ്ജിതകർമ്മം എന്താ പഴയ ചെയ്തതിന്റെ ബാക്കി പുറമേക്ക് വരാൻ കഴിയാതെ അട്ടിയട്ടിയായി അടിഞ്ഞുകൂടി കിടക്കുന്ന വാസന സഞ്ചിതകർമ്മം കാരണ ശരീരത്തിന്റെ രൂപത്തിൽ ഇടയ്ക്കിടയ്ക്ക് അന്തർമുഖമായി ധ്യാനമനനം പരിശീലിക്കുന്നവരൊക്കെ ഈ ഇട്ടിനെ കാണും അങ്ങോട്ട് പോവാൻ കഴിയാതെ ഇങ്ങട്ട് പോവാൻ കഴിയാതെ നമ്മളുടെ വ്യക്തിത്വം അതിൽ ചെന്ന് അപ്പൊ ആ കാരണ ശരീരത്തിന്റെ ആവിർഭാവം അതാണ് ഭൂതം ദുഷ്കൃതം എന്നാണ് കഴിഞ്ഞുപോയ ദുഷ്കൃതം ചെയ്തു കഴിഞ്ഞ കർമ്മത്തിന്റെ അട്ടി അട്ടിയായി അടിഞ്ഞുകൂടിക്കിടക്കുന്നു ഇനി ഭാവിയുണ്ട് എന്താ ഇതിൽ നിന്ന് ആവിർഭവിക്കുന്ന വാസനകൾ ആഗാമി കർമ്മം അതെന്താവും ഫ്യൂച്ചറിൽ പലതിനും കാരണമായിട്ട് തീരും വീണ്ടും നമ്മൾ പലതും നമുക്ക് തന്നെ അറിയാം നോക്കിയാൽ അറിയാം ചിലതൊക്കെ നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചെയ്താൽ അപകടം ഉണ്ടാവും ചില വാസനകളൊക്കെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കാണുന്നുണ്ട് ഈ വാസനകളൊക്കെ നാളെ ചില കർമ്മം ചെയ്യിപ്പിക്കും അത് ചെയ്താൽ അപകടമാവും അതുകൊണ്ടാണ് ഒരു ഭക്തൻ പരമേശ്വരനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ് ഇനി എനിക്കൊരു അനുഗ്രഹം ചെയ്യണം ഞാൻ പലതും ഉള്ളെന്ന് വരം ചോദിക്കും അതൊന്നും തരില്ല തരില്ല പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ് ഞാൻ പലതും ചോദിക്കും ചോദിക്കുന്നതൊന്നും തരില്ല എന്ന് പറയണം അത് ഈ ആഗാമി കർമ്മത്തിനെ നിരോധിക്കാനാണ് ആഗാമി കർമ്മത്തിന് നിരോധം ചെയ്യാൻ ഉള്ളില് ഞാൻ പലതും ചോദിക്കും അതൊന്നും തരില്ല എന്ന് പറയണമെന്നാണ് തഥാസ്തു പറഞ്ഞു പോകരുത് അപ്പോ ആഗാമികർമ്മ നിരോധം ഭൂതം ഭാവിജ ദുഷ്കൃതം പ്രദഹതാ സംവിന്മയെ പാവകെ സംവിന്മയമായ അഗ്നി സംവിത് എന്ന് അറിവ് ഞപ്തി അവബോധം അവബോധമാകുന്ന അഗ്നി ഉള്ളിൽ ജ്വലിക്കും ആ അഗ്നി എവിടുന്ന് ജ്വലിച്ചു ഈ അധിഷ്ഠാന ദർശനം കൊണ്ട് ജ്വലിച്ചു ീ ചിത്രത്തിന് ഗ്രൗണ്ടിനെ കണ്ടപ്പോ അവിടെ ഒരു അഗ്നി അവബോധ അഗ്നി ആ അഗ്നിയില് അതിനെ വീണ്ടും വീണ്ടും വീണ്ടും നമ്മൾ മനസ്സിനെ ഞാൻ ആര് ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് എന്നിങ്ങനെ ആരാഞ്ഞ് നിശ്ചലസ്ഥിതിയിൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിർത്തുമ്പോഴൊക്കെ ഓരോരിക്കെന്ന് ആ അധിഷ്ഠാനത്തിൽ നിൽക്കുമ്പോഴും അല്പ അല്പമായ ഈ കർമ്മങ്ങ വാസനകള് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും അതാണ് സംവിന്മയമായ അഗ്നിയിൽ ഈ കർമ്മവാസനകളെ ഹോമം ചെയ്യുക എന്ന് പറഞ്ഞു അപ്പൊ ഉള്ളിലുള്ള ഇരുട്ട് അങ്ങനെ അങ്ങോട്ട് തിരോഭവിച്ച് കിട്ടിയാൽ ഉള്ളിലുള്ള വാസനകൾ അത് തിരോഭവിച്ചു എന്ന് എങ്ങനെ അറിയാം തിരോഭവിച്ചോ നിശേഷം നീങ്ങിയോ എന്ന് എങ്ങനെ പിടികിട്ടും എന്ന് വെച്ചാൽ നിശേഷം നീങ്ങി എന്ന് പിടികിട്ടുന്നതിന് ഉത്തമമായ അനുഭവം എന്താ എപ്പോഴും ഉള്ളില് ഈ അഹമസ്മി എന്നുള്ള അനുഭവം ഈ ശുദ്ധ ബോധം സംവിത്ത് തെളിഞ്ഞു പ്രകാശിക്കുന്നു ഒരിക്കലും അത് നമുക്ക് നഷ്ടപ്പെടുന്നില്ല സദാ അതുണ്ടോ ഉള്ളിൽ വിളക്ക് കൊളുത്തി വെച്ച പോലെ ശശ്വത അന്തരേവ പ്രകാശത്തെ ഭഗവാൻ ഗീതയില് ഇത് പറയുന്നു ഒരു കൊടത്തിന്റെ ഉള്ളിൽ വെച്ച വിളക്ക് പോലെ എപ്പോഴും ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ആ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ശരീരത്തിന് പല വിഷമങ്ങൾ വരും പല ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോൾ ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കും ഉള്ളിലെ ജ്ഞാനിയാണെങ്കിലും എപ്പോഴും ഉള്ളില് ഈ സ്വരൂപദർശനം നഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും ശരീരത്തിന് വേദനയും ശരീരത്തിന് ദാരിദ്ര്യവും ശരീരത്തിന് വൈഷമ്യങ്ങളും ശരീരത്തിന് പുണ്യത്തിന്റെ ഫലമായിട്ടുള്ള ഭോഗവും പാപത്തിന്റെ ഫലമായിട്ടുള്ള യോ രോഗമോ മറ്റു വൈഷമ്യങ്ങളോ ഒക്കെ വരാം ഇതൊക്കെ എന്താ ഇത് പ്രാരബധമാണ് അത് പ്രാരബമാണത് അപ്പൊ എന്തിനും ഉള്ളിൽ ആഗാമിയും സഞ്ചിതവും നീങ്ങി കിട്ടി ആഗാമി നീങ്ങിക്കിട്ടിയെന്ന് വെച്ചാൽ എന്താ പുതിയതായിട്ട് ഒരു അർജ്ജവും ഉണ്ടാവണില്ല അതാണ് ആഗാമി നീങ്ങിക്കിട്ടി എന്നുള്ള ലക്ഷണം ആഗാമി നീങ്ങി കിട്ടിക്കഴിഞ്ഞപ്പോ പുതിയതായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളിൽ പ്രവേശിക്കണമെന്നോ വിഷയവാസനകളുടെ രൂപത്തിലോ പുതിയതായിട്ടൊരു ആക്ഷനോ ഒരു മോട്ടിവേഷൻ ഇല്ല ആക്ഷൻന്ന് വെച്ചാൽ സാധാരണ ഉള്ള കർമ്മപ്രവർത്തിയല്ല പറയണത് എന്തെങ്കിലുമൊക്കെ കാമ്യമായിട്ട് ചെയ്യാനോ അപകടം ഉണ്ടാക്കാനോ ഉള്ള ഒരു ഒരു അർജ് ഉള്ളിൽ ഉദിക്കണില്ല പിന്നെയോ ആ ഇരുട്ട് നീങ്ങി ആവരണം നീങ്ങി ആവരണം നീങ്ങി എന്ന് വെച്ചാൽ ഒരു തമോമണ്ഡലം ഉള്ളിൽ ഉണ്ടാവണില്ല ഒരു ശൂന്യത അനുഭവപ്പെടുന്നില്ല ഡിപ്രഷൻ അനുഭവപ്പെടുന്നില്ല അപ്പോ സഞ്ചിതവും നീങ്ങി കിട്ടി സഞ്ചിതവും നീങ്ങി ആഗാമിയും നീങ്ങി ഇനിയിപ്പോ ഉള്ളത് എന്താ പ്രാരബ്ദം പ്രാരബ്ദം ശരീരത്തിന് ഉണ്ട് പ്രാരബ്ദായ സമർപ്പിതം സ്വ വചാര്യര് പറയുന്നത് എന്താ പ്രാരബ്ദത്തിനെ വിളിച്ചിട്ട് ഈ ജ്ഞാനി പറയുന്നു ഹേ പ്രാരബ്ദമേ അത് കൊണ്ടുപോകുന്നു ഈ ശരീരം കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോയി തട്ടിക്കളിച്ചോളൂ ആ അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു ജ്ഞാനികളുടെ ശരീരത്തിന് വ്യാധി വരുന്നതായിട്ട് കാണുന്നു അവർ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു അവര് യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നു പലതും കാണുന്നു അവരോട് പോയി ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്കൊന്നും അറിയില്ല പരേച്ഛ പ്രാരബ്ദം ഈ കാണുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ പ്രാരബ്ധം നിങ്ങൾക്കിതൊക്കെ കാണാനുള്ള പ്രാരബ്ദം പ്രാരബ്ധായ സമർപ്പിതം സ്വ വപുഹു അപ്പോ മൂന്ന് കർമ്മവും ഒഴിഞ്ഞു പോയി എന്തായി ആകാമവും ആഗാമിയും സഞ്ചിതവും ജ്ഞാനം കൊണ്ട് നീങ്ങി പ്രാരബ്ദത്തിനെ സർവേശ്വരന് സമർപ്പിക്കുകയും ചെയ്തു പ്രാരായ സമർപ്പിതം സ്വപു ഇഷാ മനീഷാ മമ പ്രാരബ്ധ സമർപ്പണമാണ് കായന വാചാ മനസേന്ദ്രിയവം ബുദ്ധ്യാത്മനാ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഈ കൊച്ചു ശ്ലോകം നമ്മൾ വളരെ ലാഘവത്തോടു കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ശ്ലോകത്തിൽ മുഴുവനു അടങ്ങി കായേന വാച എന്നുള്ളതിൽ പ്രാരബ്ധമാണ് അതായത് ശരീരത്തിന്റെ ചേഷ്ടകളെ ഞാനിതാ നാരായണനർപ്പിക്കുന്നു മനസ്സാ ഇന്ദ്രിയീർവ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വാക്ക് എന്നുള്ളത് വാക്ക് പാണി പാദം പായു ഉപസ്ഥം കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പൊ കായേന വാച എന്നുള്ളത് കൊണ്ട് പ്രാരബ്ധത്തിനെ ഭഗവാന് സമർപ്പിച്ചു മനസ്സാ ഇന്ദ്രിയീർവ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സിന്റെയും പ്രവർത്തനം ആഗാമികർമ്മത്തിനുള്ള കാരണങ്ങളാണ് അതിനെ നാരായണനർപ്പിച്ചു ബുദ്ധിയും അതും ഒക്കെ സൂക്ഷ്മ ശരീരം തന്നെ ആത്മന അവിടെ അഹങ്കാരമാണ് അഹങ്കാരം ഇതിനെയൊക്കെ നാരായണനെ അർപ്പിച്ചു പ്രകൃതേ സ്വഭാവാത് പ്രകൃതി എന്ന് വെച്ചാൽ കാരണ ആ ഇരുട്ട് ആ പ്രകൃതിയിൽ പലതും അടങ്ങിക്കിടക്കണുണ്ട് ഫ്യൂച്ചറിൽ ആവിർഭവിക്കാവുന്ന പലതും അതൊക്കെ ഉള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇറ്റ് വിൽ ഷൂട്ട് പുറമേക്ക് ഇങ്ങനെ സൂക്ഷ്മ ശരീരത്തിൽ ആവിർഭവിക്കും ആ കാരണ ശരീരത്തിന്റെ ചലനത്തിനെയും ഞാനിതാണ് നാരായണൻ അർപ്പിക്കുന്നു ഈ മൂന്ന് ശരീരവും ഭഗവാൻ അർപ്പിച്ചാൽ എന്തായി ഞാൻ സ്വതന്ത്രനായി ആ ഒരേ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃത സ്വഭാവ കരോമി യത് സകലം പരസ്മൈ പരസ്മൈ നാരായണായ പരസ്മൈ എന്ന് വെച്ചാലോ പരമായിട്ട് നിൽക്കുന്ന ആത്മാവായ നാരായണന് അർപ്പിക്കുന്ന പരസ്മൈ നാരായണായേതി സമർപ്പയാമീത ഇത് അങ്ങേടെ എന്ന് പറഞ്ഞ അർപ്പിച്ചു നോക്കണം ഈ ശ്ലോകം സർവവും കവറിയാണ് അതിൽ അപ്പൊ ആഗാമി പ്രാരബ്ദം സഞ്ചിതം എല്ലാത്തിനെയും ആത്മാവാകുന്ന അഗ്നിയിൽ ഹോമിക്കലാണത് മൂന്ന് കർമ്മത്തിനെയും ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഹുതം ഇതാണ് തമസി മഹാവാക്യത്തിന്റെ പൊരുളായിട്ടുള്ള ശ്ലോകം അടുത്ത ശ്ലോകം നാളകണമാച്യം കിച്ചിസ്തിയ തപേഷ്ടം ഗുരുമാ ത്മനം ഭ